അടുത്ത രണ്ട് ശ്ലോകം സയോഗി മയി വർത്തേ സ്ഥിതം വ്യോമാം ഭജതി ഏകത്വം അവൻ നിരന്തരഭക്തിജയണവനാണ് अरुणाचल पंचरत्म भगवा दिवसलो अलवान श्लोक भगवा एंट्र भज्यर्पित मनसा तां पश्य तवाकृति सतत भजते अीत्या ആത്മാനുഭവത്തോടു കൂടെ സർവത്തിനെയും ഭഗവത് സ്വരൂപമായിട്ട് കാണുന്നവൻ അനന്യ ഭക്തി ചെയ്യുന്നു നിരന്തരം ഭജിക്കണമെന്നാണ് സർവഭൂതസ്ഥിതം യോമാം ഭജതി സർവഭൂതങ്ങളിലും ഇരിക്കുന്ന എന്നെ ഭജിക്കുന്നു അയാൾക്ക് ഓരോരുത്തരെ കാണുമ്പോഴും ഭജനമാണ് ഭക്തിയാണ് അയാൾക്ക് പ്രത്യേകിച്ചിരുന്ന് ജപിച്ചിട്ട് തന്നെ ഭജിക്കണമെന്നില്ല ഓരോ വ്യക്തികളെ കാണുമ്പോഴും ഓരോ ആളെ കാണുമ്പോഴും അയാൾ ഭഗവാനെയാണ് കാണുന്നത് ഹി ബിക്കംസ് വൺ വിത്ത് ഹിം ഭജതി ഏകത്വമാസ്തി അങ്ങനെ അയാൾ സർവഥാ വർത്തമാനോപയെന്ന് വെച്ചാൽ എപ്പോഴും അയാൾ എന്തെങ്കിലും ലോകത്തില് പ്രാരബ്ദമനുസരിച്ച് പണി ചെയ്തോണ്ടേയിരുന്നാലും അയാൾ പ്രത്യേകിച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തില്ലല്ലോ സന്ധ്യാവന്തനം ചെയ്തില്ലല്ലോ അനുഷ്ഠാനം ചെയ്തില്ലല്ലോ ഒന്നും ചോദിക്കണ്ട അതൊക്കെ ഇവിടേക്ക് വരാനാണ് ഇവിടെ വന്ന ശേഷം ഇനിയിപ്പോൾ അയാൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട കാരണം പ്രത്യേകിച്ച് ചെയ്യണമെങ്കിൽ അജ്ഞാനം ഉണ്ടാവണം അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ജ്ഞാനനിഷ്ഠയിൽ സന്ധ്യാവന്തനാദികൾ ഒന്നും സാധ്യമല്ല എന്നാണ് അതൊക്കെ തന്നെ ഒരുമാതിരി ഒരു പൂർണമാവാത്ത ഒരു സ്ഥിതിയിലാണ് അതൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ നിൽക്കുന്നത് ജ്ഞാനനിഷ്ഠയിൽ ഇയാൾക്ക് ഇതൊക്കെ വിട്ടുപോകും കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഇയാൾക്ക് അഭിമാനാദികൾ ഉണ്ടാവണം പ്രത്യേകമായ ഒരു കാര്യംന്നില്ല അയാൾക്ക് പ്രാരബ്ദമനുസരിച്ച് എന്ത് ചെയ്യണോ ചെയ്യാ പ്രാരബ്ദമനുസരിച്ച് അമ്പലത്തിൽ പൂജയാണ് അത് ചെയ്തോണ്ടിരിക്കും പ്രാരബ്ദമനുസരിച്ച് അയാൾക്ക് പാടത്ത് പണിയാണെങ്കിൽ അത് ചെയ്തോണ്ടിരിക്കും പ്രാരബം അയാൾക്ക് ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് ചെയ്തോണ്ടിരിക്കും പക്ഷെ അയാളുടേതായിട്ട് അതിലൊന്നും ഉണ്ടാവില്ല നീയത്തി മാത്രമാണ് ആ സ്ഥിതിയിൽ അയാള് ഉറങ്ങിയാലും ഉണർന്നാലും കണ്ടാലും വ്യവഹരിച്ചാലും സർവഥാ വർത്തമാനോപി ഭഗവാൻ എന്ത് പറയണന്ന് വെച്ചാൽ സയോഗി മൈവർത്ത എന്നാണ് ആ യോഗി എന്നിലേയാണ് ഇരിക്കണത് അയാൾ എപ്പോഴും പ്രവർത്തിച്ചോട്ടെ പണിയെടുത്തോണ്ടേ ഇരിക്കട്ടെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അയാൾ എന്തോ ഒന്നും ജപിക്കണമില്ലല്ലോ ധ്യാനിക്കണമില്ലല്ലോ പൂജയും ചെയ്യണമില്ലല്ലോ ഒക്കെ തോന്നും പക്ഷെ ഭഗവാൻ പറയണത് അവൻ എന്ത് അല ഞാൻ കടലിന്ന് സെപ്പറേറ്റ് ആയി പോയല്ലോ എന്ന് കരയണ പോലെയാണെന്ന് അല എപ്പോഴെങ്കിലും കടലിൽ സെപ്പറേറ്റ് ആവുമോ അത് എപ്പോഴും കടലിലാണ് കടലാണ് അതുപോലെ വ്യവഹരിച്ചുകൊണ്ടേ ഇരുന്നാലും അയാൾ എന്നിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒരിക്കലും എന്നിൽ നിന്ന് അയാൾ സെപ്പറേറ്റ് ആവണേലാണ് ഒരിക്കലും അയാൾ ഈസ് നോട്ട് ഡീലിംഗ് ഫ്രം ദ സോർസ് സോഴ്സ് എന്ന് വിട്ടുപോണേലും എല്ലാവരിലും അവൻ ഭഗവാനെ കാണുന്നു അന്തര്യാമിയെ കാണുന്നു എന്തു തന്നെ തന്നെ കാണുന്നു താൻ അകമേക്ക് കണ്ട വസ്തുസ്ഥിതിയെ കാണുന്നു അടുത്ത ശ്ലോകം അതാണ് നോക്കൂ ആത്മൌപമ്യേന സമം പശ്യോർജുനുഖം ദുഃഖം സ യോഗീ പരമോമ आत्मौपम्य सर्वत्र सम्योर्जुन सर्वत्र सम पश्यम सामू आत्मा आत्मी आत्मुपम्यो अल सुख युखम സുഖവും ദുഃഖവും ഒക്കെ ഈ ശ്ലോകത്തിന് രണ്ട് തലത്തിൽ അർത്ഥം പറയാം ഒരു തലത്തിൽ സാധാരണയായിട്ട് പറഞ്ഞാൽ തനിക്ക് സുഖം വരുന്ന പോലെ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കണം തനിക്ക് ദുഃഖം വന്നാൽ എങ്ങനെ വിഷമുണ്ടോ അതുപോലെ മറ്റുള്ളവർക്കും ദുഃഖം വന്നാൽ വിഷമുണ്ട് അപ്പൊ തനിക്ക് എങ്ങനെ ആ സുഖത്തിന് വേണ്ടിയും ദുഃഖം വരാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു സാധാരണ അർത്ഥം മറ്റൊന്ന് സുഖവും ദുഃഖവും ഒക്കെ തന്നിൽ വരുമ്പോ എങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ സിനിമയിൽ എന്തൊക്കെ തന്നെ വന്നാലും സ്ക്രീനിനെ ബാധിക്കണില്ല എന്നറിയണ പോലെ മറ്റുള്ളവരിലും സുഖ ദുഃഖങ്ങളൊക്കെ കാണുന്നവന് ആത്മദർശനം ഉണ്ടാവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനിക്ക് മറ്റുള്ളവരിൽ സുഖവും ദുഃഖമൊക്കെ കാണുമ്പോഴും അയാൾക്കറിയാം ഈ സുഖ അവരൊക്കെ കാര്യമായിട്ട് കരയൊക്കെ ചെയ്യും പലരും അതാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ദുഃഖമൊക്കെ കൊണ്ട് നമ്മുടെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് വന്നവര് പലരും പറഞ്ഞു ദുഃഖമൊക്കെ അവിടെ പറഞ്ഞു കുറെ നേരം കഴിയുമ്പഴേക്കൊക്കെ പോയി അദ്ദേഹം പറഞ്ഞു ഇല്ല ഒന്നുമില്ല അദ്ദേഹം നോക്കിയേ ഉള്ളൂ എന്താന്ന് വെച്ചാൽ അദ്ദേഹം നോക്കണത് നീ നടിക്കാണ് എന്നുള്ള മട്ടിലാണ് നോക്കണതേ അപ്പോ ഇയാള് വളരെ സീരിയസ് ആയിട്ടാണോ പോയി പറയണത് ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ആള് എന്റെ സ്വർണം പോയി എന്റെ രത്നം പോയി കള്ളം കൊണ്ടുപോയി എന്നൊക്കെ നിലവിളിക്കണോ എഴുന്നേറ്റിരിക്കുന്ന ആള് അയ്യോ പാവം എന്ന് പറഞ്ഞ് പരിതപിക്കുവോ സഹതപിക്കോ എന്ത് ചെയ്യും എഴുന്നേപ്പിച്ചു വിട്ടാൽ സ്വർണവും പോയില്ല രത്നവും പോയില്ല കള്ളനും വന്നില്ല ഒന്നും കൊണ്ടുപോയിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്നറിയാം അല്ലേ അതേപോലെ നമ്മള് അജ്ഞാനം കൊണ്ട് എനിക്ക് ദുഃഖം വിഷമം പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു പോണം ജ്ഞാനിയുടെ ദർശനം എങ്ങനെയുണ്ട് ആത്മൌപമ്യേനെ സമം പശി നിന്നിൽ ഇതൊന്നുമില്ലപ്പാ നീ വെറുതെ ദുഃഖം ആരോപിക്കുകയാണ് നിനക്ക് സുഖമോ ദുഃഖമോ ഒന്നുമില്ല എന്ന് നീ സ്വയമേവ അപൂർണ വസ്തുവാണ് ഭഗവത് സ്വരൂപിയാണ് ഈ സുഖവും ദുഃഖവും ഒക്കെ നിന സർഫസിലൊരു തോന്നൽ മാത്രമാണ് അത് വാസ്ത നീ ആരാണെന്ന് അറിയൂ നിന്റെ സ്വരൂപം അതാണ് എന്ന് കാണുന്നു പശ്യത്തി അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ ആ കാഴ്ച വളരെ പ്രബലമാണ് വളരെ ഫോഴ്സ്ഫുള്ളാണ് ഉപദേശിച്ചാലോ ഇതൊന്നും ചെയ്താൽ ചിലപ്പോൾ ദുഃഖമൊന്നും മാറില്ല ദുഃഖം കൊണ്ടുപോകുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ പരിഹാരമായിട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടല്ലോ ഇറ്റ്സ് ആക്ച്വലി ഇപ്പോൾ ഒരാൾ വിശന്നു കൊണ്ടുപോകുന്ന ഒരു ഭിക്ഷക്കാരൻ നമ്മൾ ചോറ് കൊടുക്കണോ നമ്മളതൊരു വലിയ സർവീസ് ആണെന്ന് പറയാം പക്ഷെ ഉയർന്ന തലത്ത് നോക്കിയാൽ ഇറ്റ് ഈസ് നോട്ട് സർവീസ് ഇറ്റ് ഈസ് ഓൺലി നെസസറി ഈവിൽ ഇറ്റ്സ് ഓൺലി നെസസറി ഈവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് പക്ഷെ ആ ദീനഭാവത്തോടെ നിൽക്കണമെന്നത് നല്ലതല്ല അയാൾ അയ്യോ ഇങ്ങനെയൊരു ഗതി എനിക്ക് വന്നുവല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നിക്കണത് അപ്പോ ഒരു സൈഡിൽ മാത്രമേ നല്ലതാവണുള്ളൂ യാ സെർവ് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം നല്ലതാവണുള്ളൂ ഒരാൾക്ക് വിഷമുണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായി എന്തൊക്കെയോ വലിയ ദുഃഖം ഉണ്ടായി അവിടെ പോയി നമ്മൾ എന്തോ ചെയ്തു കൊടുക്കുമ്പോ ചെയ്തു കൊടുക്കണ വശത്തിൽ നിന്ന് നല്ലതാണ് പക്ഷെ ആ സഫർ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തൊക്കെയോ ദ്രവ്യങ്ങളൊക്കെ ലാഭം ഉണ്ടാവണ്ടെന്നല്ലാതെ അയാൾക്ക് അയാളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന സ്വത്വം കിട്ടിയില്ല പക്ഷെ എപ്പോഴാണോ അയാൾ അറിയണത് ഇവിടെ ദ്രവ്യ ലാഭം നഷ്ടം കൊണ്ട് ഒന്നും വന്നില്ല നമ്മൾക്ക് ആരൊക്കെയോ മരിച്ചു എന്തോ ഒരു കാറ്റസ്ട്രോപ്പ് വന്ന് കുറെ ആളുകൾ മരിച്ചു ഒരാൾ കരയുമ്പോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയും വീട് പോയാൽ വീട് കെട്ടി കൊടുക്കാം പണം പോയാൽ പണം കൊടുക്കാം വിശന്നാ ചോറ് കൊടുക്കാം വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാം രോഗം വന്നവനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒത്തിരി ചികിത്സിക്കാം ഇഷ്ടപ്പെട്ടവര് മരിച്ചിട്ട് ഒരാൾ നിൽക്കണു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അയ്യോ സാരമില്ല ആശ്വസിപ്പിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ എന്നാലും അയാൾക്ക് തത്വം അറിയണവരെ അയാൾ ആശ്വാസം ആവൂല അപ്പൊ ഏറ്റവും വലിയ സർവീസ് എന്താ വി ആർ നോട്ട് കോൺഷ്യസ് അബൌട്ട് ദ സ്പിരിച്വൽ സർവീസ് ഇപ്പോഴും ആളുകൾക്ക് സ്പിരിച്വാലിറ്റി എന്നുള്ളതൊരു സർവീസാണെന്ന് തോന്നണില്ല ഇപ്പോഴും ആളുകൾക്ക് ഒപ്പീനിയൻ ആസ്പത്രിയോ സ്കൂളോ വേറെ അതൊക്കെ വേണ്ടതാണ് സമൂഹത്തിന് വേണ്ടതാണ് വേണ്ടാത്തതെന്നല്ല പക്ഷെ അതൊക്കെയാണ് വലുത് ഈ ജ്ഞാനം എന്നുള്ളതൊരു സർവീസ് ആണെന്ന് ഇനിയും ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടില്ല അതുമാത്രല്ല ഇത് ചെയ്യണ ആളുകൾ ഇത് ചെയ്താൽ പോരാ എന്നും ഇതിൽ കൂടുതൽ ചെയ്യണമെന്നും വീണ്ടും വീണ്ടും ആളുകൾക്ക് ഒരു എനിക്ക് എപ്പോഴും തോന്നണത് എന്തുകൊണ്ടും ഒരു സിനിമ നടിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് നീ എന്താ ഒരു ആസ്പത്രി കെട്ടാത്ത നീ എന്താ ഒരു സ്കൂൾ തുടങ്ങാത്തത് നീ ഒന്നും ആരും ചോദിക്കണില്ല അയാളെ സിനിമ നടിച്ചാ തന്നെ ഇവർക്ക് വലിയ സർവീസ് ആയിട്ട് തോന്നും ഒരു പാട്ട് പാടുന്ന ആളുടെ അടുത്ത് പോയിട്ട് ഒരു ഫേമസ് സിംഗറിൻ്റെ അടുത്ത് പോയിട്ട് നീ ഇങ്ങനെ പാട്ടുപാടി പണം മാത്രം വാങ്ങിച്ചോണ്ടിരിക്കണോ നീ എന്താ ആസ്പത്രി കെട്ടാത്തോ സ്കൂൾ കെട്ടാത്ത ആരും ചോദിക്കണില്ല ഒരു അധ്യാത്മത്തിൽ വരുന്ന ആളുടെ അടുത്ത് കാരണം ഇവർ ഒന്നും ചെയ്യണില്ല എന്നാണ് ആളുകളുടെ ഭാവേ അപ്പൊ ഇവർ അത് ചെയ്തിട്ട് ഇവര് വേറെ എന്തൊക്കെയോ ചെയ്താലേ അവര് സർവീസ് ചെയ്തു തോന്നുള്ളൂ വാസ്തവത്തിൽ അധ്യാത്മത്തിലുള്ള മഹാത്മാക്കളൊക്കെ ആശുപത്രിയും സ്കൂളും ഒക്കെ കിട്ടി ചെയ്യണത് ഒക്കെ ആയിരം ആയിരം ആയിരം ഇരട്ടിയാണ് അവരുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് കിട്ടണ സർവീസ് അത് അറിയണില്ല നമ്മള് നമ്മള് എന്താ നമ്മൾക്ക് ഇപ്പോഴും ഇതാണ് മുഖ്യം ഇത് കിട്ടിയാൽ അല്ലെങ്കിൽ ശരീരത്തിന് ലോകത്തിന് വേണ്ടതൊക്കെ കിട്ടിയാൽ അപ്പൊ സലൂട്ട് അടിക്കും നമ്മള് പക്ഷേ വാസ്തവത്തിൽ ജ്ഞാനം കൊണ്ട് കിട്ടണത് നമ്മൾക്ക് നമ്മളുടെ നഷ്ടപ്പെട്ടു സാമ്രാജ്യമാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നമ്മളുടെ സത്തയാണ് അതിലേക്കാണ് ഷിർഡി ബാബ ശിർഡി സായിബാബ പറയുമത്രേ അദ്ദേഹം സിദ്ധികളൊക്കെ കാണിക്കുമല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ അവർക്ക് ചിലതൊക്കെ കൊടുക്കാൻ കാരണം എപ്പോഴെങ്കിലൊക്കെ അവര് എൻ്റെ അടുത്ത് വാസ്തവത്തിൽ എന്തുണ്ടോ അത് ചോദിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കണത് പക്ഷെ ആരും ചോദിക്കുന്നില്ല ഞാൻ കൊടുക്കണമൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നവര് എപ്പോഴെങ്കിലും ഒക്കെ അതങ്ങനെയാണ് ലോകത്തെ നമ്മൾ എന്തെങ്കിലും കൊടുത്താ കൊടുക്കണതേ വാങ്ങിച്ചോണ്ട് പോകുള്ളൂ പിന്നെയും അവര് അതിന് നിൽക്കും പിന്നെ രണ്ട് കാര്യമുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭൗതികമായിട്ട് കൊടുത്താൽ ഭൗതികമായിട്ട് ആവശ്യമുള്ളവരോന്ന് വാങ്ങിച്ചിട്ട് പോകും പിന്നെ ഭൗതികമായിട്ട് കൊടുക്കണ സ്ഥലത്ത് അധ്യാത്മം വേണ്ടവര് വരുവില്ല ഈ ഭൗതികമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോണവര് അധ്യാത്മം ചോദിക്കില്ല അവര് പിന്നീം ഭൗതികത്തിന് വന്ന് നിൽക്കും അധ്യാത്മമായിട്ടുള്ളവര് അവിടെ ഭൗതികമാണ് എന്ന് പറഞ്ഞ് മുദ്ര അടിച്ചിട്ട് അങ്ങോട്ട് പോയില്ല ഇത് രണ്ടും ദൂഷ്യാണ് അതുകൊണ്ടാണ് പഴയകാലത്ത് ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെ ഗൃഹസ്ഥന് വെച്ചത് ഇഷ്ടാപൂർത്ത കർമ്മം എന്ന് വെച്ചാൽ സോഷ്യൽ സർവീസ് ദാറ്റ് ഷുഡ് ബി ഡൺ ഇൻ എ സൊസൈറ്റി എന്താണെന്ന് സൊസൈറ്റിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കണം അതൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പൊ സമൂഹത്തിൽ ആശുപത്രികൾ വേണം സമൂഹത്തിൽ സ്കൂൾ വേണം സമൂഹത്തിൽ ഈ കാര്യങ്ങളൊക്കെ വേണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വന്നതും പരസ്പരം ഉപയോഗിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുകയും വാങ്ങുകയും വേണം പക്ഷെ അത് ആര് ചെയ്യണം ആരതൊക്കെ ബാധ്യസ്ഥനാണോ ആ ഗൃഹസ്ഥൻ ചെയ്യണം ഇത് വലുതുമല്ല ചെറുതുമല്ല ഇതൊക്കെ ചെയ്യണതുണ്ടല്ലോ അത് ശ്രേഷ്ഠവുമല്ല ദൂഷ്യവുമല്ല അതൊക്കെ ആവശ്യമാണ് ഇഷ്ടാപൂർത്തം മന്യമാനാവരിഷ്ടം നാന്യോ വേദയൻ തേ പ്രമൂഢ പൃഷ്ടേ സുഹൃതേനു ഭൂത്ത ഇമം ലോകം ഹീനതരം വാ വിശന്തി എന്നാണ് ശ്രുതി അർത്ഥം ഞാൻ പറയുന്നില്ല എപ്പോഴാണോ ഒരാള് തത്വം അറിയണത് അപ്പൊ അയാൾക്ക് പരമക്ഷേമ ഉണ്ടാവും അയാൾ എത്ര ദാരിദ്ര്യത്തിലിരിക്കട്ടെ എത്ര കഷ്ടത്തിലിരിക്കട്ടെ അയാള് വേണ്ടത് അറിയാൻ തയ്യാറാണെങ്കിൽ കൂട്ടാക്കണവനാണെങ്കിൽ അയാളുടെ ദാരിദ്ര്യത്തിന് നടുവിൽ തന്നെ അയാൾക്ക് പൂർണ്ണത വരും ദാരിദ്ര്യം തീർക്കാൻ അയാൾക്ക് പണം കൊടുത്തത് കൊണ്ട് അയാൾ പൂർണ്ണനാവില്ല വിശപ്പ് തീർക്കാൻ ഭക്ഷണം കൊടുക്കാം പൂർണ്ണമാവില്ല അയാൾ അയാളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല പ്രോബ്ലംസ് വിൽ റിമെയിൻ നമ്മളിത് ഒരു റിസർച്ച് വേണമെങ്കിൽ ചെയ്തു നോക്കിയാൽ നമുക്ക് ഇത്തിരി മനസ്സിലാവും അപ്പോ എപ്പോഴാണോ യോഗി ഒരാളെ ആത്മാവായിട്ട് കാണണത് അപ്പൊ അയാളുടെ ഉള്ളിൽ പ്രശ്നം പരിഹൃതമായി വേണമെങ്കിൽ റിസെപ്റ്റീവ് എൻഡിലുള്ള ആൾക്കും അത് റിസീവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അയാളുടെ പ്രശ്നവും പരിഹരിക്കപ്പെടും സുഖം വാ ദുഃഖം സുഖമാണെങ്കിലും പരിഹൃതമാവും ദുഃഖമാണെങ്കിലും പരിഹൃതമാവും അങ്ങനെ കാണുന്ന യോഗിയുണ്ടല്ലോ സ പരമോമത അയാൾ ഏറ്റവും വലിയവനാണെന്ന് അത് സ്വീകരിക്കുന്ന ആളും അതുകൊണ്ട് ബെനിഫിറ്റഡാവും എന്താ നമ്മള് ആത്യന്തികമായ ദുഃഖ പരിഹാരമാണ് ചെയ്യണത് തൽക്കാലത്തേക്കല്ല പിന്നെ തൽക്കാല പരിഹാരം ആത്യന്തികമായ ദുഃഖം പരിഹരിച്ചാൽ നമ്മൾ ലോഡ്ജ് റൂം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലേക്ക് പോവാം അല്ലേ ആദ്യം വന്നോടനെ എന്ത് ചെയ്തു റൂം എടുത്ത് ബാഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലിലേക്ക് റൂം എടുക്കാൻ പോവാം അതുപോലെ ആത്യന്തികമായ ദുഃഖപരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്നിട്ട് നമുക്കറിയാം ഇനി എനിക്ക് മരണമോ ജനനമോ ഇല്ല ഞാൻ പൂർണമാണെന്ന് അറിഞ്ഞ ശേഷം ഇനിയിപ്പോ പാര ലൗകികമായ വ്യാവഹാരികമായ പ്രശ്നങ്ങളെ പരിഹരിക്കാം കുഴപ്പമൊന്നുമില്ല ആ നമ്മളുടെ റിയൽ സോഴ്സിലുള്ള വസ്തുസ്ഥിതിയെ കാണലാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് ആത്മൌപമ്യേന സർവത്ര സമം പശ്യതി ഓർജുന സുഖം വാ യതി വാ ദുഃഖം അല്ലാതെ ലോകത്തിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് എന്ന് കരുതാൻ പാടില്ല എന്നാണ് ആര് വേദാന്ത ചെയ്യുന്നവൻ അധ്യാത്മ ചെയ്യുന്നവൻ ഇവിടെ ദുഃഖമുണ്ടെന്ന് കരുതിയാൽ എന്താണെന്ന് നമ്മൾ സത്യസ്വരൂപികളാണേ നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതി അത് സത്യസ്യ സത്യം എന്നാണ് ശ്രുതി പറയണത് പ്രപഞ്ചത്തിന് സത്യത്വം കൊടുക്കണ സത്യം ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങളിൽ ദുഃഖമുണ്ട് എന്ന് ഞാൻ ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് വരണു വരുമ്പോ ശിവ പാവം സീരിയസ് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് പറയണത് ഒരു വൈദ്യൻ രോഗിയെ കാണുമ്പോ രോഗിയായിട്ടേ കണ്ടിട്ടില്ലെങ്കിൽ അയാളുള്ള രോഗം പകുതി പോകും അതൊരു വഴിയാ ഒരു വൈദ്യന് രോഗിയെ പൂർണ്ണ ആരോഗ്യമായിട്ട് കാണാനുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ അയാളുടെ ആരോഗ്യം വരും അധികം രോഗികൾക്കും വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല നിനക്ക് പോയിട്ട് വന്ന് പറയണ ഒരു ഡോക്ടർ വേണമെന്നാണ് ആളുകൾ നടക്കണത് കുറെ ആളുകൾക്ക് ഒന്നുമില്ല എന്ന് പറയണത് ആ ഡോക്ടറെടുത്ത് പോയാൽ ഒന്നുമില്ല എന്ന് പറയും അതാണിപ്പോൾ വേദാന്തം പോലെ തന്നെ തത്വമസിന്ന് പറയണം അതുപോലെ ആ ഡോക്ടറെടുത്ത് പോയാൽ നിനക്ക് ഒന്നുമില്ല എന്ന് പറയും ഇപ്പം ജനറൽ ട്രെൻഡ് അതാണ് അവിടെ പോയാലേ വെറുതെ എങ്കിലും ഊശി വെക്കും വെറുതെ എങ്കിലും മരുന്ന് എഴുതും ഇതൊക്കെ ആളുകൾ പറയാറുണ്ട് അപ്പോ അവർക്ക് ഭയമുണ്ട് എന്തെങ്കിലും ഉണ്ടാവുമോന്ന് ഭയുണ്ട് പക്ഷെ കഴിയണതും ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു ഡോക്ടർ ആയിരിക്കണം എന്നാണ് അവർക്ക് ആത്മവുപ്പ് അപ്പൊ വേദാന്ത വിഷയത്തിലും ഇതാണ് നമ്മൾക്ക് നമ്മളുടെ സ്വത്വത്തിനെ തിരിച്ചു തരണം സുഖം വാ എതി വയോഗി പരമോമത സുഖവും ദുഃഖവും ഒന്നും നമ്മളെ ഇല്ലെന്ന് കാണുന്ന യോഗി ഉണ്ടല്ലോ ആ യോഗിയാണ് പരമ സ്വാത്മനിച്ച് അന്യേഷു വത്രം വർത്തമാനം പുത്രജന്മാതിരൂപം സുഖം തന്മരണാതിരൂപം ചുഃഖം അസംബന്ധസാമ്യ സമം യശ്യ പരപുത്രജന്മ മരണാതി സമം സ്വപുത്രജന്മ മരണതികം ചോദി പരമോമ എന്നാണ് രാമാചാചാര്യർ ഭാഷ്യം അതായത് തൻ്റെ ബന്ധുക്കൾ തൻ്റെ കുട്ടികൾ തൻ്റെ വസ്തുക്കളൊക്കെ നശിക്കുന്നത് മറ്റുള്ളവരുടെ വസ്തുക്കൾ ബന്ധുക്കളൊക്കെ നശിക്കുന്നത് കണ്ടാൽ നമുക്കൊന്നും പ്രശ്നം ഉണ്ടാവണില്ലല്ലോ പത്രത്തിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കണു ചായയൊക്കെ കുടിച്ചുകൊണ്ട് അതേപോലെ തന്നെ തനിക്ക് ഏർപ്പെട്ടാലും തൻ്റെ ബന്ധുക്കൾ തൻ്റെ വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ആര് ബാധിക്കപ്പെടാമേ ബാധിക്കപ്പെടാതെ അവനാണ് യോഗി എന്നാണ് ഇത് രാമാനുജന്റെ ഭാഷ എന്തൊക്കെ തന്നെ സുഖ ദുഃഖങ്ങൾ ലോകത്തിലെ മറ്റുള്ളവർക്ക് വരുമ്പോ നമ്മളെങ്ങനെ ബാധിക്കപ്പെടുന്നില്ലയോ അതേപോലെ തനിക്ക് വന്നാലും ബാധിക്കപ്പെടാതിരിക്കുന്നവൻ തന്നിലും അതൊക്കെ വന്നാലും ബാധിക്കപ്പെടാതിരിക്കുന്നവനാണ് യോഗി ഇതിപ്പോ രണ്ട് ഡയമെൻഷനില് പറഞ്ഞു ഒന്ന് മറ്റുള്ളവന് വരണത് എങ്ങനെ അതുപോലെ തന്നോട് ബാധ ഇത് ആത്മനിഷ്ഠമായ സാധനയാണ് ഇനി തന്നിൽ ബാധിക്കപ്പെടാതെ മറ്റുള്ളവനെ കാണുന്നവൻ അതാണ് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് തന്നെ എങ്ങനെ ബാധിക്കണില്ലയോ അതുപോലെ മറ്റുള്ളവരിൽ ബാധിക്കുന്നതും അജ്ഞാനം കൊണ്ടാണ് വാസ്തവത്തിൽ ഒന്നും സംഭവിക്കണില്ലെന്ന് അറിയണ ദൃഷ്ടി അമൃത ദൃഷ്ടിയാണ് അതിനാണ് നമ്മൾ അമൃത ദൃഷ്ടി എന്ന് പറയുന്നത് ആ ദൃഷ്ടി ആളുകളെ പ്ലാവനം ചെയ്യും അഭിഷേകം ചെയ്യുമെന്നാണ് ആ ദൃഷ്ടി ആത്മാനുഭൂതി കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൃഷ്ടിയാണ് അതാണ് ആ ദൃഷ്ടിയുള്ളവൻ പരമോമത അവൻ വല്യ യോഗിയാണ് പരമയോഗിയാണ് എന്ന് പറഞ്ഞു അത്രയും പറഞ്ഞപ്പോൾ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ ഈ യോഗം യോയം യോഗ സ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂതന ഏതം ന പശ്യാമി സ്ഥിരാം നമ്മൾക്ക് പലർക്കും ഉണ്ടാവും ഇത്രയും പറഞ്ഞപ്പോ വളരെ ഉയർന്നതായിട്ടിരിക്കുന്നു കേൾക്കുമ്പോഴൊക്കെ നല്ല സുഖമുണ്ട് പക്ഷെ മനസ്സ് ചഞ്ചലമായതുകൊണ്ട് അത് എന്താണെന്ന് കാണാൻ വയ്യ ആ സമത്വം എന്നൊക്കെ പറഞ്ഞതൊക്കെ മനസ്സിലാവണുണ്ട് അതിന്റെ ലോജിക്കൊക്കെ കുറച്ചൊക്കെ കുറച്ച് മനസ്സിലാവണുണ്ട് കേൾക്കുമ്പോ സുഖമായിട്ടുണ്ട് എങ്കിലും അർജുനൻ നമ്മൾക്ക് വേണ്ടി വക്കാലത്ത് വാങ്ങിയ ആളാണ് അപ്പൊ അർജുനൻ നമുക്ക് വേണ്ടി ചോദ്യം ചോദിക്കാം അദ്ദേഹം പറഞ്ഞു ഭഗവാനെ അങ്ങ് പറയണ യോഗം എനിക്ക് കാണാൻ വയ്യല്ലോ എന്നാണ് പലർക്കും സന്തോഷമായി ഇങ്ങനെ പറഞ്ഞപ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ആളാണ് അർജുനനെ ശ്ലോകം നോക്കുക അർജുന സാമ്യേന മധുസൂതന ഏതം നശ്യാമി ചഞ്ചലവാം സ്ഥിരം ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദൃം നിഗ്രഹം ശ്ലോകം പറയുമ്പോ പല ആളുകളും അതായത് ഒരു കീർത്തനം വായിക്കുമ്പോ അവരുടേതായ ഒരു രാഗം അല്ലെങ്കിൽ താളം അത് വന്നു കഴിഞ്ഞാൽ അപ്പൊ തലയാളും കൈ ഇങ്ങനെ വീഴുന്നു എന്താന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇത് വരും അപ്പോഴാണ് സമാധാനമായത് ഒരു രാഗം ആലാപിക്കുമ്പോ ആ രാഗത്തിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ ആ ഒരു സ്പെഷ്യാലിറ്റി ആ സ്ഥലത്താണോ ഇന്ന രാഗമാണെന്നറിയാം അപ്പോഴാണ് ഈ കച്ചേരി കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഉത്സാഹം വരിക ആ അതുപോലെ ഇപ്പൊ അർജുനൻ പറഞ്ഞത് കേൾക്കുമ്പോ ആളുകൾക്ക് ഇപ്പോഴാണ് നമ്മൾക്ക് ഒരു ഹോംലി ഫീലിങ് ഉണ്ടായത് എന്താ അർജുനൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചഞ്ചലം ഹി മനഷ്ണ കൃഷ്ണ ഈ മനസ്സ് വളരെ ചഞ്ചലമായിട്ടിരിക്കുന്നു പ്രമാധി അതിട്ട് ഇളക്കി കൺഫ്യൂസ് ചെയ്യണു എന്നെ ചലിപ്പിക്കണം പ്രമഥനം കരോത്തി ബലവദ്ദൃഢം അത് പറഞ്ഞാലും കേൾക്കണില്ല ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഒക്കെ ഉണ്ടാണ്ടിരിക്കണ്ട് സത്സംഗത്തിലിരിക്കുമ്പോ ഉണ്ടാണ്ടിരിക്കണ്ട് ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ മൂപ്പര് പഴയ പിടിത്തന്നെ എത്ര കാലമായി പ്രമാധി ബലവദൃഢം അയാൾ പറഞ്ഞ കേൾക്കണില്ല ഇവിടെ ഒക്കെ ശരി കാര്യൊക്കെ ശരി അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ മൂപ്പര് വീണ്ടും പഴയ കാര്യത്തേക്ക് തന്നെ പോവും നിഗ്രഹം അതിനെ പിടിച്ചടക്കുക എന്ന് പറയണത് വായുവിനെ പിടിച്ചടക്കണ പോലെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു വായുരിവ സുദുഷ്കരം ആ വായുവിനെ എങ്ങനെ പിടിച്ചടക്കുന്നത് ബുദ്ധിമുട്ടാണോ അതുപോലെ ഈ മനസ്സിനെ അടക്കുന്നതും ദുഷ്കരമായിട്ട് എനിക്ക് തോന്നുന്നു മാത്രല്ല സുദുഷ്കരം എന്തൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞാൽ കേൾക്കണില്ലല്ലോ ലോകത്തിൽ മുഴുവൻ പ്രോബ്ലം അതാണല്ലോ എല്ലായിടത്തും പോയി നോക്കിയാൽ ഹിന്ദുവാണ് മുസൽമാനാണെന്നൊന്നും പ്രശ്നം ഇല്ല ക്രിസ്ത്യാനിയാണ് അമേരിക്കനാണ് ആഫ്രിക്കനാണ് എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു പ്രശ്നമാണ് ഈ മനസ്സെന്ന് പറഞ്ഞത് തമിഴൊരു പ്രസംഗം ചെയ്യുന്ന ആളുടെ കൃപാനന്ദ വാര്യർ അദ്ദേഹം കാമദേവനെ കുറിച്ച് പറയുമ്പോ പറയും ഹിന്ദുവിനൊരു കാമൻ മുസൽമാനൊരു കാമൻ ക്രിസ്തുവിനും ഒരു കാമൻ ഇല്ല അതുകൊണ്ടാണത്ര അയാൾക്ക് കാമൺ കോമൺ നമ്മള് കോമൺന്ന് പറമൺ കാമൺ എന്ന് പറയുന്നവര് അപ്പൊ അയാൾ വളരെ കാമൺ ആണെന്നാണ് എല്ലാവർക്കും അത് ഏത് ലോകത്തിലെവിടെ പോയാലും മനസ്സിന്റെ വികാരങ്ങളും മനസ്സിന്റെ ദൂഷ്യങ്ങളും മനസിന്റെ കുഴപ്പങ്ങളും ഒക്കെ അമേരിക്കയിൽ പോയാലും ഇന്ത്യയിൽ പോയാലും ഇനിയിപ്പോ വൈകുണ്ഠത്തിലും കൈലാസത്തിലും പോയാലും ഒക്കെ ഇത് തന്നെ കഥ എന്ന് കാണിക്കാനാണ് വൈകുണ്ഠത്തിലെ ജയവിജയന്മാരുടെ കഥയൊക്കെ പറഞ്ഞത് എന്നുവെച്ചാൽ അവിടെ പോയി നിങ്ങൾക്ക് രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട ഇതേപോലെ അവിടെയും കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി എലക്ഷൻ തല്ല് അടി ഒക്കെ ഉണ്ടാവും ഒക്കെ എല്ലായിടത്തും അതാവുമ്പോഴാണ് ഇവർക്ക് നമുക്ക് സമാധാനം തോന്നണതേ ഇവിടുത്തെ മലയാളികൾ ഇവിടുത്തെ തമിഴന്മാരൊക്കെ പോയി അമേരിക്കയിൽ പോയി കുറച്ച് ദിവസം അടഞ്ഞു ഒതുങ്ങിയിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നാലുപേർ കൂടി പത്ത് പേര് കൂടി കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒന്നും കമ്മിറ്റി നടത്തിയൊരു അമ്പലം ഉണ്ടാക്കി അവിടെ ഒരു കമ്മിറ്റി അവിടെ ഇതേ തല്ല് തല്ലിക്കഴിഞ്ഞപ്പോൾ സമാധാനമായി കേരളത്തിലിരിക്കണ പോലെ തന്നെ ഉണ്ട് അത് നടക്കുന്നത് ഇതാണ് നടക്കണത് അവിടെ എന്നിട്ട് നമ്മളെയൊക്കെ വിളിക്കുക നിങ്ങൾ ഭാഗവതം പറയാൻ വരുകയും ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വന്നാൽ തന്നെ കാണാൻ പോണം പിന്നെ ഞാൻ അവിടെ തന്നെ കണ്ടോളാം എന്നാണ് എന്ത് കാണാനാ ഇവിടത്തെ പോലെ തന്നെ ഉണ്ട് അവിടെ നിങ്ങൾ വന്ന് അവിടെ വന്ന് പറയണമെന്ന് പറയണ്ടേ എൻ്റെ അടുത്ത് അപ്പൊ ഇവിടത്തെ പോലെ തന്നെ മട്ടാഞ്ചേരി നടക്കണം പോലെ പാലക്കാടും ഞാൻ പറഞ്ഞു ഇതിനിപ്പോ അവിടെ വരണോ ഇവിടുന്ന് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ പറയൂ വരാം നിങ്ങൾ ഇവിടത്തെ പോലെ തന്നെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എന്തിനാ പങ്കു വരണ്ട അവിടെ പോയാലും ഇത് തന്നെ നമുക്കൊരു പുതുമുണ്ടോന്ന് തോന്നും നോക്കിയാൽ ലോകം സർവത്ര ഒരേ പോലെ തന്നെ എല്ലാവരുടെയും പ്രശ്നം ഒരേപോലെ തന്നെ അതുകൊണ്ട് തന്നെ എന്താ നമ്മളുടെ ഒരു പ്രശ്നം പരിഹരിച്ചാൽ എല്ല പ്രശ്നത്തിന്റെ പരിഹാരത്തിന്റെയും സീക്രട്ട് ഇതാണെന്ന് മനസ്സിലാവും ലോകത്തിന്റെ പ്രശ്നം പരിഹരിക്കാനൊന്നുമില്ല എവിടെ പ്രശ്നം മനസ്സ് എന്ന് പറയണ ഒരു പ്രശ്നത്തിനെ പരിഹരിച്ചാ മതി പറഞ്ഞു ഭഗവാന്റെ അടുത്ത് ഭഗവാനെ ചഞ്ചലം ഈ മനഃ കൃഷ്ണ പ്രമാതി ബലവദ്രടം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം അങ് ഈ സാധന അധ്യാത്മവിദ്യ ഒക്കെ പറയുന്നു പക്ഷേ മനസ്സൊരു ഒരു ഒരു തിരശ്ശീല ഉള്ളിൽ ഇടുന്നത് കൊണ്ട് ഏബിൾ ടു സീറ്റ് അറിയണം എന്ന് വിചാരിക്കുന്നു ചില ആളുകളൊക്കെ ഇരിക്കുമ്പോ തന്നെ കാണാം അവർ പാവം വളരെ സിൻസിയറായിട്ട് വന്ന് എന്തോ പരിഹാരത്തിന് വേണ്ടിയാണ് അത് നല്ല സംഘമാണെങ്കിൽ നല്ല രസമായിരിക്കും വീഡിയോ ഇപ്പൊ എന്നെ ഇവിടെ ആരോ ഇങ്ങോട്ട് നോക്കി ഒന്ന് വെച്ചിരുന്നു അത് അങ്ങോട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും നല്ല ശ്രദ്ധിച്ചാൽ കാണാൻ ആൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും എല്ലാം കഴിഞ്ഞ് അവസാനം വളരെ സിൻസിയറായിട്ട് ഇതിൽ എന്താ ഏത് വഴിക്കാ ഉള്ളിൽ പോണ്ടത് എന്നാണ് നോക്കിയത് അതിങ്ങനെ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കണം ഇങ്ങനെ ആയാ ശരിക്കും പ്രശ്ന പരിഹാരത്തിനാണ് നിക്കണത് അതിന്റെ പരിഹാരത്തിന് നടുവിൽ ഉറങ്ങിപ്പോയി എന്താ ഏതസ്യാഹം പശ്യാമേ അർജുനൻ പറഞ്ഞു ഇതിന്റെ റൂട്ട് എനിക്കൊന്നും പിടിക്കിട്ടില്ല എന്താന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കും പറഞ്ഞ അതാണ് നമുക്ക് ഡോക്ടർമാർ പോയിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഗുളിക തന്നാൽ രക്ഷപ്പെട്ടു അല്ലെ ആയുർവേദത്തിലാവുമ്പോ അവര് പറഞ്ഞു ഉപ്പ് പുളി കൂട്ടാൻ മധുരം കൂട്ടാൻ എരിവ് കൂട്ടാൻ വെള്ളം കുടിക്കാൻ പാടില്ല രാത്രി ഉറങ്ങാൻ പാടില്ല പകല ഉറങ്ങാൻ പാടില്ല ഒക്കെ പറഞ്ഞു കഴിയുമ്പോ നമ്മള് ഇനിയിപ്പൊ എന്താ ചെയ്യാതോ അലോപ്പതി അതാണ് എല്ലാവർക്കും ഇഷ്ടം എന്താ അവിടെ പോയാൽ അയാൾ ഒന്നും പറയണില്ല ഒരു ഗുളിക തരണോ അങ്ങനെ വല്ല വഴിയുണ്ടോ എന്നാണ് നമ്മൾ നോക്കണത് അധ്യാത്മത്തില എളുപ്പത്തില് കാര്യം നടക്കും വേറെ ഒന്നും പറയാൻ പാടില്ല എന്നാണ് ഒരു ഗുളിക തരണം ആ ഗുളിക മെഡിക്കൽ ഷോപ്പ് തരുന്നതാണ് കാരണം ഡോക്ടർ തലയിൽ എഴുത്തുപോലെ എന്തോ എഴുതി തന്നു അയാളുടെ അടുത്തോണ്ട് അയാൾ എന്ത് വായിച്ചു എന്നറിയില്ല അയാൾ അയാളുടെ വകയായിട്ട് ഒരു ഗുളിക തോന്നു നമ്മള് നമ്മളുടെ വകയായിട്ട് അത് കഴിച്ച് സമാധാനത്തോടെ പോയി എന്താന്ന് വെച്ചാൽ ഇത് ഇതൊക്കെ ഇപ്പോ ഈ എന്റെ അടുത്ത് ഒരാള് ചോദിച്ചു ഈ സൂക്കേടൊക്കെ വന്നപ്പോ ഞങ്ങളുടെ വീട്ടില് പ്രശ്നം വെക്കലും മന്ത്രവാദവും ഒക്കെ നടത്തി ഇതൊക്കെ വേണോ സ്വാമി ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോകണത് ഏകദേശം ഇതുപോലെ തന്നെ അതും ഒരു ഇതൊക്കെ ചെയ്തു സമാധാനായി എന്നാണ് ഇപ്പോ മന്ത്രവാദം ചിലർക്കൊക്കെ മന്ത്രവാദം ചെയ്താൽ പരിഹാരമായ പോലെ തോന്നുന്നു ചിലരൊക്കെ തീർന്നു പോണു അതേപോലെ തന്നെ ഇതും ചിലതൊക്കെ തീർന്നു പോകുന്നു ചിലതൊന്നും തീർന്നു പോകണേ ഒരു വിശ്വാസാണല്ലോ കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനായി ഒക്കെ പ്രശ്നമൊക്കെ ആയി എന്തോന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടണം അപ്പൊ എളുപ്പത്തിൽ എന്താ കാര്യം മെനക്കെടാതെ നമ്മളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ഒരു കാര്യം നടക്കുമോ അതാണ് അർജുനനും ചോദിക്കുന്നത് ഭഗവാനെ ഇതൊക്കെ വളരെ വിഷമം പിടിച്ചത് ചഞ്ചലം ആയ മനസ്സിനെയൊക്കെ ജയിക്കാന്ന് പറയണത് കാണാൻ വയ്യ എനിക്ക് വളരെ വിഷമം തോന്നണം മനസ്സിനെ എങ്ങനെ നിയന്ത്രണം ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ല എല്ലാരും രോഗികൾ പോകുമ്പോ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ രോഗം ഇണ്ടെന്ന് ആദ്യം അവർ കഴിയുമോ എന്ന് പറഞ്ഞാൽ ഒരു സമാധാനായി ചില ഡോക്ടർമാര് കേൾക്കുകേ പല രോഗികൾക്കും ചില ഡോക്ടർമാര് ഇഷ്ടമല്ല എന്താന്ന് വെച്ചാൽ അവര് നമ്മള് പറഞ്ഞ ഒന്നും കേൾക്കണില്ല അവര് നമ്മള് പറഞ്ഞ ഒന്നും സീരിയസ് ആണെന്ന് ഇതിപ്പോ ഡോക്ടർ ഇപ്പൊ ഇവര് പറഞ്ഞോണ്ട് പോകുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് നോക്കണം ഞങ്ങളുടെ അവിടെ ചില ഡോക്ടർമാരുണ്ടായിരുന്നു പോകുമ്പോ തന്നെ രോഗികൾക്ക് പേടിയാ എന്താന്ന് വെച്ചാൽ ഇതിനേക്കാളൊരു രോഗമേ വേണ്ടില്ലാന്ന് തോന്നും എന്താന്ന് വെച്ചാൽ അവരൊന്നും സമ്മതിക്കില്ല ഇവരൊന്നും പറയാൻ പാടില്ല അവര് പറഞ്ഞു ഞാൻ പറയാം അത് പാലക്കാട് വേറെ ചുമക്കല് കൊരക്കാന്നൊക്കെ പറയേ അപ്പൊ ഡോക്ടർ ഞാൻ വല്ലാത്ത കൊര കൊരക്കാൻ നീണ്ടത് നായോ ചോദിക്കും ഡോക്ടർ ഒരു ഡോക്ടർ ഇണ്ടായിരുന്നു അങ്ങനെ അപ്പൊ ഇവര് പറയാ അയാളടുത്ത് പോകില്ല അപ്പൊ കഴിഞ്ഞാൽ ഒന്നും പറയാൻ സമ്മതിക്കണില്ല ദേഷ്യപ്പെടുന്നു ഇതിപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഇയാൾ സുഖങ്ങളോടെ പോയപ്പോൾ വളരെ സീരിയസ് ആയിട്ട് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഡോക്ടർ അതെയോ അങ്ങനെയാണോ ഓ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓ ഡോക്ടറെ നമ്മൾ പറയണതിനെ സീരിയസ് ആയിട്ട് എടുത്തു അതിനുശേഷം ഇനിയൊന്നും സാറിയില്ല കേട്ടോ ഞാൻ മരുന്ന് തരാമെന്നു എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് സമാധാനമായി അത് ഇയാൾ പറയണതിനെ അങ്ങോട്ട് റിസീവ് ചെയ്തിട്ട് ഒരു സീൽ വെക്കണം ഇയാൾക്കൊരു വില കൊടുത്താലേ ആ ഡോക്ടർക്ക് ഇയാളൊരു വില കൊടുക്കുകയുള്ളു പിന്നെ ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുത്താൽ ഇയാൾ ശരിയെന്ന് പറഞ്ഞ് പോവും ഇപ്പൊ ഭഗവാൻ ചെയ്യണതും അതാണ് അർജുനൻ ഇപ്പൊ മനസ്സ് ചഞ്ചലമാണ് ചപലമാണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറയണില്ല അസംശയം മഹാബാഹോ നീ പറയണത് പെർഫെക്ട്ലി റൈറ്റ് ചഞ്ചലം തന്നെയാണ് മഹാത്മാക്കൾക്കൊക്കെ ഇങ്ങനെ സൂത്രം ഉണ്ട് രാമകൃഷ്ണ പരമംസരെ അങ്ങനെ ഒരു ശിഷ്യൻ്റെ അടുത്ത് പറഞ്ഞു അത്രേ അയാൾക്ക് എത്ര പറഞ്ഞാലും അയാൾ അയ്യോ മനസ്സടങ്ങണില്ല ഭഗവാൻ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും അടങ്ങണില്ല അതിലിപ്പോഴും ചീത്ത വിചാരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണു എന്നൊക്കെ ഒരുപാട് പറഞ്ഞപ്പോ ഒരു ദിവസം ശ്രീരാമകൃഷ്ണദേവൻ അയാളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നീ പറഞ്ഞത് ശരിയാട്ടോ എനിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ വരണ്ടോ എന്ന് പറഞ്ഞത്ര അപ്പൊ ആ ശിഷ്യൻ പറയണോ അങ്ങനെ ടാക്കൂർ പറഞ്ഞപ്പോ എനിക്കൊരു സന്തോഷം ഒന്നും ഉള്ളില് ഞാൻ വെച്ചാൽ അതാവുമ്പോ നമ്മൾ കോമൺ ഒന്നാണെന്ന് പറഞ്ഞാൽ സന്തോഷമായി പ്രശ്നം പോയി ഇതാണ് ഭഗവാൻ സമ്മതിച്ചു കൊടുക്കണം നീ പറയണത് ശരി അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചില മനസ്സ് ബുദ്ധിമുട്ട് തന്നെയാണ് ചഞ്ചലം തന്നെയാണ് അഭ്യാസേനത്ത് കൗന്തേ എന്നിട്ട് പറയാണ് എന്നാലും അഭ്യാസേനത്ത് കൗന്തേയാ വൈരാഗ്യാണ് ചൃഹ്യത്തെ വൈരാഗ്യവും അഭ്യാസം ഉണ്ടെങ്കിൽ സാധിക്കും കേട്ടോ ഓണം എനിക്ക് ഞാനും ഇതൊക്കെ ബുദ്ധിമുട്ടിട്ടുണ്ട് ഞാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ ശരി അപ്പൊ സമ്മതിച്ചു നമ്മളും ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കുടുംബത്തിലിരുന്നു വിഷമിച്ചു പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അടുത്തൊരു സ്വാമി പറഞ്ഞുവേ അങ് അങ് ഗീതയും ഇതൊക്കെ പറയുമ്പോ ആളുകൾക്ക് ഇപ്പോൾ വിലയൊക്കെ ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ അങ്ങും ഈ പ്രശ്നങ്ങളൊക്കെ കുടുംബവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിക്കണം ഞങ്ങൾ പറഞ്ഞ ആളുകൾ പറയണത് നിങ്ങൾ ഇതൊന്നൊക്കെ പുറത്തുപോയി സന്യാസിയായിട്ട് നിൽക്കണു അതുകൊണ്ടാണ് നിങ്ങൾക്കിതൊന്നും ഇല്ല ഇല്ലയെന്ന് പറയണത് നിങ്ങൾക്കിതൊന്നും അറിയില്ല എന്നാണ് ചിലപ്പോ ഇത് കുറച്ച് അനുകൂലമായിട്ടിരിക്കും നമ്മൾ ഇയാളിപ്പോ ഇയാളും പ്രശ്നമൊക്കെ അനുഭവിക്കുന്ന ആളാണല്ലോ വിഷമങ്ങളുമൊക്കെ ഉള്ള ആളാണല്ലോ എന്ന് തോന്നിയാൽ ഓ ശരി അപ്പൊ സമ്മതിക്കാന്നാണ് അപ്പോ നമ്മളും ഈ സാധനയിൽ ഈ ദുഃഖമൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നമ്മളും ഈ മനസ്സിന്റെ ചാഞ്ചല്യം ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് നമുക്കും മനസ്സിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ട് പരിഹാരം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആ അപ്പൊ നമ്മൾ വിശ്വസിക്കാം നിങ്ങൾ അല്ലാതെ ഇതൊന്നും അഭിമുഖീകരിച്ചിട്ട് തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാവും ബ്രഹ്മാവ് അങ്ങനെ ചെയ്തു വസിഷ്ഠനെ ആചാര്യനായിട്ട് അയക്കുമ്പോ ബ്രഹ്മാവ് എന്തു ചെയ്തു വസിഷ്ഠനെ മാനസപുത്രനായി സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ട് ശപിച്ചു എന്താന്ന് വെച്ചാൽ കുറച്ചു നേരത്തേക്ക് നീ ലോകത്തിലെന്തൊക്കെ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ അതിലൊക്കെ പെട്ട് നീ വലയ കുറച്ചു നേരത്തേക്ക് കുറച്ചു നേരത്തിനുള്ളിൽ വസിഷ്ഠൻ സകല ദുഃഖങ്ങളിലൂടെയും കടന്നു വന്നു എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു ഇപ്പൊ നീ എൻ്റെ അടുത്ത് ബ്രഹ്മവിദ്യയെ ചോദിക്കൂ അപ്പൊ വസിഷ്ഠൻ ചോദിക്കുകയാണ് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇപ്പൊ നിനക്ക് ലോകത്തിലുള്ളവരുടെ ദുഃഖം ഒക്കെ മനസ്സിലാവും മഹാപുരുഷന്മാരുടെ പൂർണ്ണത എന്താന്ന് വെച്ചാൽ അവർ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ എല്ലാമായി ഇരുന്നിട്ടുണ്ടാവും അതിൻ്റെയൊക്കെ ഫുട് പ്രിന്റ്സ് അവരുടെ ഉള്ളിലുണ്ടാവും അവർ കള്ളനുമാണ് നല്ല ആളുമാണ് ചപലനുമാണ് നിയന്ത്രണമുള്ളവനുമാണ് സജ്ജനവുമാണ് ദുർജനവുമാണ് രോഗിയുമാണ് ആരോഗ്യവാനുമാണ് എല്ലാം കടന്നു വന്നിട്ടുള്ളവന് എല്ലാത്തിനോടും കമ്പാഷൻ ഉണ്ടാവും അതാണ് കൃഷ്ണൻ അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാന്റെ പൂർണ്ണത എന്താന്ന് വെച്ചാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം കൃഷ്ണനിൽ എന്താണ് ഇല്ലാത്തത് കൃഷ്ണനിലെല്ലാം ഉണ്ട് കൃഷ്ണനെ മാത്രം ആർക്കും കുറ്റം പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് ഏത് മഹാത്മാക്കളുടെ പേരിൽ ഒരു കോൺട്രവേഴ്സി ഒരു പുസ്തകം എഴുതിയാൽ ആ പുസ്തകം പെട്ടെന്ന് ചിലവാകും നല്ലത് പറഞ്ഞാൽ ചിലവാകില്ല ക്രിസ്തുവിന്റെ പേരിൽ കോൺട്രവേഴ്സി ബുക്ക് ഉണ്ട് നബിയുടെ പേരിൽ ഉണ്ട് എല്ലാം ഉണ്ട് അതിനൊക്കെ പക്ഷെ കൃഷ്ണന്റെ മേലെ മാത്രം പറ്റില്ല controversy എന്താന്ന് വെച്ചാൽ എന്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കും അതിൻ്റെയൊക്കെ നാലിരട്ടി മൂപ്പര് ചെയ്ത് കാണിച്ചു കഴിഞ്ഞു കോൺട്രവേഴ്സി നിങ്ങൾക്ക് ഒരു കോൺട്രവേഴ്സി മൂപ്പരുടെ പേരിൽ ഉണ്ടാക്കാൻ പറ്റുക വിത്ത് ആൾസ് പെർഫെക്ട് ഒരു കോൺട്രവേഴ്സി ഒരു കുഴപ്പവും കൃഷ്ണൻ അത് ചെയ്തുട്ടോ അങ്ങോട്ട് നോക്കി വല്ലതും പറയാൻ പറ്റുമോ ക്രിസ്തുവിനെയൊക്കെ പറയുന്നുണ്ട് അല്ലെ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പുസ്തകങ്ങള് കോൺട്രവേഴ്സിയൽ ബുക്സ് വളരെ ഫേമസ് ആണ് ക്രിസ്തു വിവാഹിതനായിരുന്നു കല്യാണം കഴിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു വശത്ത് ദേഷ്യം ക്രിസ്തുവിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയാൻ പറ്റുമോ ഒന്നല്ല പതിനാറായിരത്തെ സാധിക്കുമെങ്കിൽ നോക്കൂന്നാണ് നിങ്ങൾ പതിനാറായിരത്തെ കല്യാണം കഴിച്ചിട്ട് എന്തിനാ കൃഷ്ണനെ ഭഗവാൻ എന്ന് പറയണത് വെച്ചാൽ അതുകൊണ്ടാ ഒന്ന് കഴിച്ചിട്ട് നിങ്ങൾ പഠന പാടുണ്ടല്ലേ ഭഗവാൻ അല്ലെങ്കിൽ സാധിക്കുവോ ഈ പതിനാറായിരത്തെട്ടും വെച്ചോണ്ട് ഒന്നും കുറ്റം പറയാൻ പറ്റില്ല വളരെ ശാന്തനാണ് അഹിംസ ഒന്നും യുദ്ധം ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ ആരുടെടുത്തുനിന്ന് പേടിച്ചോടി കുറ്റം പറയാൻ പറ്റില്ല പേടിച്ചോടിയിട്ടുണ്ട് ആരുടെങ്കിലും മുതല് മോഷ്ടിച്ചു എന്ന് പറയാൻ മോഷണം കുട്ടിക്കാലം മുതൽ തുടങ്ങിയ പരിപാടിയാണ് എന്ത് കുറ്റം പറയാൻ പറ്റുമോ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല യാതൊരു കുറ്റവും പറയാൻ പറ്റില്ല ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പറ്റില്ല കൃഷ്ണനിൽ ഒരു ദൂഷ്യവും ആരോപിക്കാൻ പറ്റില്ല ഗുണദോഷ ദൃശ്യ ദോഷ ഗുണസ്തു ഉഭയവർജിതെന്നുള്ളതിന് വ്യാഖ്യാനമാണ് കൃഷ്ണൻ ഗുണദോഷങ്ങൾക്ക് താൻ താൻ എല്ലാമാണ് ഭാരതത്തിൽ അതാണ് ഞാൻ ആയുധമേ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ആയുധം എടുത്ത് കാണിച്ചു അപ്പൊ കൃഷ്ണൻ രാമനെ പോലെ സത്യനിഷ്ഠനാണ് ലംഘിക്കില്ലാന്ന് പറയാൻ പറ്റില്ല ലംഘിച്ചു കാണിച്ചോട്ടും എല്ലാം വേണമെങ്കിൽ നീ എന്തു കുറ്റം വേണമെങ്കിൽ പറഞ്ഞോ എന്നാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്താണെന്ന് പ്രകൃതിയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കൃഷ്ണനിലും ഉണ്ട് അതുകൊണ്ട് കൃഷ്ണൻ എല്ലാമാണ് ഒന്നുമല്ല ഭഗവാൻ തന്നെ പറയുന്നു ഞാൻ എല്ലാരുമാണ് ഞാനൊന്നുമല്ല എല്ലാം എന്നിലുണ്ട് അയാൾ എന്നിലൊന്നുമില്ല അതാണ് ഈശ്വരൻ ഇറ്റ്സ് ആൾ ഇൻക്ലൂസിമണ മഹർഷിയുടെ പെർഫെക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഭഗവാന്റെ ഭക്തൻ പറഞ്ഞു ഹിറ്റ് പെർഫെക്ഷൻ ഇൻക്ലൂഡ്സ് ആൾ ഇൻപെർഫെക്ഷൻസ് ആളുകളുടെ ദൗർബല്യം ഒന്നും കുറ്റം പറയേലില്ല എന്തൊക്കെ കണ്ടാലോ അതൊക്കെ മനസ്സിലാക്കിക്കോളും ഇനിയൊക്കെ ന്യായീകരിച്ചോളും സാധകൻ സിദ്ധൻ ഒരു ഭേദവും അവിടെ കാണില്ല ലൗകികം ആധ്യാത്മികം അങ്ങനെ ഒരു രണ്ട് ബൈഫർക്കേഷൻ ഒന്നും കാണില്ല ഒക്കെ പൂർണ്ണമാണ് ഒന്നാണ് അപ്പൊ എല്ലാരെയും മനസ്സിലാക്കാം ഈ സ്ഥിതിയിലാണ് ഇവിടെ ഭഗവാൻ അർജുനൻ പറഞ്ഞപ്പോ പറയണ അസംശയം നീ പറഞ്ഞത് ശരിയാ ഞാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞ അർജുനന് സമാധാനമായി സീറ്റിൽ ഒന്നുകൂടെ നല്ലവണ്ണം ഇരുന്നു രഥത്തില് അല്ലെങ്കി പാവ മൂപ്പര് എഴുന്നേറ്റ് നിൽക്കായിരുന്നു ചോദ്യം ചോദിക്കാനേ ഇപ്പോ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത് തുടർന്ന് അഭ്യാസ യോഗത്തിനെ ഭഗവാൻ പറയാണ് നാളെ വൈകിട്ട് നമ്മളെ കാണാം നാളെ വൈകുന്നേരം നമുക്ക് ഈ വർഷത്തെ ഈതാജ്ഞാന യജ്ഞം പൂർത്തിയാക്കാണ് അപ്പോ നാളെ വൈകിട്ട് അഭ്യാസ യോഗത്തിനെ നമ്മൾ കാണാം സത്യം ജ്ഞാനമന്ത്മകണലോലമ പരമായാസം മായാക്കൽപ്പനാകാരം ഭുവനാകാരം ക്ഷമാനമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിനന്ദം ഗോവിരമാനന്ദം ഭജ ഗോവിനന്ദം ഗോപാളം ഭുവിലീലി ോപീല ഗോവർധനധൃതലീലാളിതോ ഗോവിന്ദസ്ഫുടനമാനം ബഹുനമാനം ഗോധീ ഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ോവിം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഗോപീമണ്ഡല ഗോഷീഭേദം ഭേദാവസ്ഥേദാഭം ശോകുരനിർൂതൂളീസരസൗ ക്തിഗൃത്തനന്ദമചിത്യ ചിന്തിസാവം ചിന്മണിമോവിം ഭജോവിം പരമാനന്ദം ഭജ പരമാനന്തോ മ ആത്മാവസി മേവ തോന്നം മമചി അതിയേഷ്ടം കൂരുമാം തഥവ റമാത്മനഥം രമണം